ം മുപ്പത്തി യഹോയാക്കിമിന്റെ മകനായ കുന്യാവിനു പകരം യോഷിയാവിന്റെ മകനായ സിതക്യാവ് രാജാവായി അവനെ ബാബൽ രാജാവായ നെബൂഗദനെസർ യഹൂദദേശത്ത് രാജാവാക്കിയിരുന്നു എന്നാൽ അവനാകട്ടെ അവന്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ ഇരമ്യാപ്രവാചകൻ മുഖാന്തരം യഹോവ അരുളി ചെയ്ത വചനങ്ങളെ കേട്ടനുസരിച്ചില്ല സിതക്കിയ രാജാവ് ശെലമ്യാവിന്റെ മകനായ ഇഹൂഖലിനെയും മയസേയാവിന്റെ മകനായ സെഫന്യ പുരോഹിതനെയും ഇരമ്യാ പ്രവാചകന്റെ അടുക്കലയച്ചു നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്കു വേണ്ടി പക്ഷവാതം കഴിക്കണമെന്ന് പറയിച്ചു ഇരമ്യാവിനോ ജനത്തിന്റെ ഇടയിൽ വരത്തുപോക്കുണ്ടായിരുന്നു അവനെ തടവിലാക്കിയിരുന്നില്ല ഫറവോന്റെ സൈന്യം മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യരിശില്ലെ നിരോധിച്ചു പാർത്ത കൽദെയർ കേട്ടപ്പോൾ അവർ യെരിശില്ലെ വിട്ടുപോയി അന്ന് എരമ്യാപ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എന്റെ അടുക്കൽ അയച്ച രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകും കൽദെയരോ മടങ്ങിവന്ന് ഈ നഗരത്തോടെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീവച്ച് ചുട്ടുകളയും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു കൽദെയർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടുപോകുമെന്നു പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് അവർ വിട്ടുപോകയില്ല നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ സൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താൻ തന്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റുവന്ന് ഈ നഗരത്തെ തീവച്ച് ചുട്ടുകളയും പറവോന്റെ സൈന്യം നിമിത്തം കൽദയറുടെ സൈന്യം എരിശിലേമിനെ വിട്ടുപോയപ്പോൾ ഇരമ്യാവ് ബെന്യാമീൻ ദേശത്ത് ചെന്ന് സ്വജനത്തിന്റെ ഇടയിൽ തന്റെ ഓഹരി വാങ്ങുവാൻ യരുസിലമിൽ നിന്ന് പുറപ്പെട്ടു അവൻ ബെന്യാമിൻ വാതുക്കൽ എത്തിയപ്പോൾ അവിടത്തെ കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിന്റെ മകനായ മകൻ ഇരിയാവ് എന്ന പേരുള്ള ഇരമ്യാപ്രവാചകനെ പിടിച്ചു നീ കൽതേറുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്നു പറഞ്ഞു അത് നിരമ്യാവ് അത് നേരല്ല ഞാൻ കൽതേറുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്നു പറഞ്ഞു ഇരിയാവ് അത് കൂട്ടാക്കാതെ ഇരമ്യാവെ പിടിച്ച് പ്രഭുക്കന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു പ്രഭുക്കന്മാർ ഇരമ്യാവോട് കോപിച്ച് അവനെ അടിച്ച് രാജസക്കാരനായ യോനാഥന്റെ വീട്ടിൽ തടവിൽ വെച്ചു അതിനെ അവർ അങ്ങനെ ഇരമ്യാവ് കുണ്ടറയിലെ നിലവറകളിലായി അവിടെ ഏറെ പാർക്കേണ്ടി വന്നു അനന്തരം സിതക്യ രാജാവ് ആളയച്ചവനെ വരുത്തി യഹോവയങ്കിൽ നിന്ന് വല്ല അരളപ്പാടുമുണ്ടോയെന്ന് രാജാവ് അരമനയിൽ വെച്ചവനോട് രഹസ്യമായി ചോദിച്ചു അതിന് യരമ്യാവ് ഉണ്ട് നീ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു പിന്നെ എരമ്യാവ് സിദ്ധക്കിയ രാജാവിനോട് പറഞ്ഞത് നിങ്ങളെന്നെ കാരാഗ്രഹത്തിൽ ആക്കുവാൻ ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്തു കുറ്റം ചെയ്തു ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിന്റെ നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ ആകയാൽ യജമാനനായ രാജാവെ കേൾക്കണമേ എന്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളേണമേ ഞാൻ രാജസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ അപ്പോൾ സിതയ്ക്കിയ രാജാവ് ഇരമ്യാവെ കാവൽപുരമുറ്റത്ത് ഏൽപ്പിപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരപ്പം അവനു കൊടുപ്പാനും കൽപ്പിച്ചു അങ്ങനെ ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് പാർത്തു